അളവറ്റ അരുളാളനും നികച്ച അൻപുടയോ അല്ലാഹുവരൽ തവങ്ക്േന്ദ്രിൽ സുരണിമത്ത് തം ഇനത്ത നിശ്ചയമാശ്ചര്യമാണ് ഒരു കുർണെ കെട്ടോ അറിയിക്കപ്പെട്ടത് നബിയേ കൂടുവീരാ അത് നെർമയൻപാട്ട് തിമാൻ കൊണ്ടോ അങ്ങനെ ഇവർയും ഇണയാക്കൂറായ മഹിമ നിശ്ചയമാക്കമേല അവൻ എവരെയും തൻ മനിയാവോ മകനാ എടുത്ത് കൊള്ളവില്ല നമ്മിൽ മൂടരായിട്ട സല്ലാഹവൻ മീഡിയ അളവുകടന്ന് കൊണ്ടു കാര്യം മനുതും അല്ലാഹവൻ മീത് കൂടേ മാറ്റി നിശ്ചയമാ നാം എണ്ണിക്കൊണ്ടിരുന്നോ ആനാ നിശ്ചയമായ മനുതൃങ്ങളിൽ ജിനിൽ ആടവുകൾ ചിലരിടം കാവൽ തേടിക്കൊണ്ടിരുന്ന അവർ ജിള്ള ആടവുകളെ പെരുക്കിവിട്ട് അവിയതോലേ അത് കടുമയാണ് കാവലാളികളും തീപ്പന്തും കണ്ടോ മുൻ വാനിൽ പേശപ്പെടുവിമുപ്പതങ്ങളിൽ അമർന്നോ ആനാ ഇപ്പോഴോ ോ അവൻ തനക്കാത്തി കാണിയും ഭൂമിയവർക്ക് തീങ്ങി നാടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അവ നന്മയെ നാടി നാൽ നിശ്ചയോലും നിശ്ചയമാ നമ്മിൽ നല്ലോരും അപ്പൊ അല്ലാതവുകളും നമ്മിൽ നാം പൽ വഴിക ഉടയവുകളും ഭൂമിയും അവനെ വിട്ട് ഓടി ഒളിന്നുകൊണ്ടും അവനെ എങ്കേയും ഇലാമൽ ആക്കമെയും നാം അറിഞ്ഞകൊണ്ടോ ഇന്നും നിശ്ചയമാ നാം നേർവഴിയെ കുർമിമോ നാം അരമീതാനോ അവൻ ഇളപ്പറ്റിയും അനീതിയെ പറ്റിയും ഭയപ്പെടാൻ ഇന്നും നിശ്ചയമാ നമ്മിൽ മുസ്ലീമുകളും അക്കരമക്കാരും ഇരുക്ക മുസ്ലീമുകളായി വഴിപെട്ടാ അവർവഴിയെ തേടിക്കൊണ്ടാൽ അക്കരമക്കാരോ നരകത്തു എറിവറായി വിട്ടു അറിച്ച് മാോ ജോ അവർ നേർവഴിയുടൻ നിലത്ത് നാളെ നാം അവ മിക അധിക അവ നോ അവ കൊടിയ വേദനയിൽ അവൻ പുത്തിവൻ നിശ്ചയമാസ്ജിത് അല്ലാഹുക്കേണ്ട അവാഹുടൻ സേർത്ത് വേറെ എവരെയും പ്രാർത്ഥിക്കാതി അള്ളാഹുവൻ അടിയാർ അവനെ പ്രാർത്ഥിത്തവരോട് അവർ അവർ കൂട്ടം കൂട്ടമാെങ്കി വിടുകൂറും നാ അവ എവരെയും ഇണയീരോ തീമയോ ചെയ്യ ശക്തിരമാട്ടേ പൂർവീര നിശ്ചയമാ അല്ലാഹുവെ വിട്ടും ഒരുവരും എന്നെ പാതുക്കുന്നി ഒതുങ്ങും തലത്തെയും നാം കാണമുവിടം എഴുതി വിപ്പതും അവർ തനക്ക് വേറില്ല എവർ അല്ലാഹുക്കും അവനുടേ തൂതൃക്കും മാറോ അവ നരക നെരുത്ത അതിൽ അവർ എന്തെങ്കിലും ഇരുപ്പർ അവക്കളിക്കപ്പെട്ടതേദനയായി അവർ പാർക്കും പോലും ഉവിയാളികൾ മിക ബലഹീനമായവർ എണ്ണിക്കുണ്ടാകെയും വില അറിഞ്ഞകൊള്ളവർ നബിയേകൂറും ഉണ്ടുവാട്ടിപ്പ്വേദന സമീപമാ അല്ലെ റപ്പു അതണെ ഏർപ്പെടുത്തിയാനാ എൻപതാണ് അറിയേൻ അവൻതാൻ മറവാനവറ്റ അറിവൻ താൻ മറത്തുരുപ്പവൈ അവൻ എവരുടെ വെളിയാക്കട്ടു താൻ പുരികൊണ്ടുക്ക് തവര അവപ്പിന്നും പാതു കാവലുകള മലക്കുകള നിശ്ചയ നടത്താട്ടുകൾ തങ്ങളുടെ റബ്ബിൻ തൂതുച്ചെയ്ത് വിട്ടാൻ അറിവും ഇന്നും അവൻ സൂന് അറിഞ്ഞുകൊണ്ടിരുന്നതു സകലപൊരുളെയും എണ്ണിക്കയായി മറ്റുപെടുത്തി